प्रवर्तते भजन्ते इति മജന്മാുധാ ഭാവസമന്വിത അഹം സർവസ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതിമത് മാം ബുധാ ഭാവസമന്വിത ഭാവം എന്ന് വെച്ചാൽ മനസ്സാണേ മനസ്സിന്റെ സ്വഭാവം തന്നെ ഭാവമാണ് മനസ്സെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തോ ആയി തീരാനുള്ളതിനെ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കും കഴിഞ്ഞു പോയതിനെ ഓർത്തുകൊണ്ടേയിരിക്കും ഇതൊക്കെയാണല്ലോ മനസ്സ് ചെയ്യ ഈ ഭാവനാശക്തി മനസ്സെന്ന് പറയണത് ആത്മാവിന്റെ ഒരു അപൂർവമായ ശക്തിയാണ് ആ ശക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണ ഒരു മെഷീനാണ് അതിന് എന്തൊക്കെ സ്വപ്നം കാണണോ അതൊക്കെ കാലത്തിന്റെ സഹായത്തോടു കൂടെ സാക്ഷാത്കരിക്കാനുള്ള പവർ ഉണ്ട് അതിന് അറിയോ നമ്മൾ പറയണത് ചിന്തിക്കുന്നതൊക്കെ സാധിക്കുമോ എന്നാണ് ചോദിക്കണത് ശ്രുതി പറയണത് എന്തൊക്കെ സങ്കല്പിക്കണോ ഒക്കെ സാധിക്കും എന്നാണ് പക്ഷേ കാലത്തിന്റെ സഹായത്തോടു കൂടി അതായത് ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കുക ചിലപ്പോൾ ഈ ലോകത്തിലായിരിക്കില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലോകത്തിൽ വേറെ എന്തെങ്കിലും മണ്ഡലത്തിലായിരിക്കും പക്ഷെ സങ്കല്പിച്ചത് മുഴുവൻ സാധിക്കാനുള്ള പവറുള്ള ചണ്ടീശ്വരിയാണ് മനസ്സ് അതിന് ഫോഴ്സ് ഉണ്ട് ശക്തിയാണത് അത് സർവജ്ഞൻ സർവാന്തരിയാമിയായ ഈശ്വരന്റെ ശക്തി വിശേഷമാണ് അൺഡിനയബിൾ അങ്ങനെ ഒരു ശക്തിയാണത് മണി മനസ്സെന്ന് പറയത്ത് ആ മനസ്സ് അതിൻ്റെ സ്വഭാവം അതിൻ്റെ പ്രകൃതി എന്താണ് ഭാവമാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്താണ് അറിവാണ് ഇതൊക്കെ സനക സനത്കുമാരനും നാരദനും ചർച്ച ചെയ്യുമ്പോൾ ചാന്തോഗി ഉപനിഷത്തിൽ വരി വരി വരിയായിട്ട് വരും ഭാവമൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ എന്താണ് ലക്ഷ്യം എന്താണ് നമുക്ക് ശ്രേഷ്ഠമെന്ന് നിശ്ചയിക്കണമോ അതിനനുസരിച്ച് ഈ ഭാവനാശക്തിയായ മനസ്സ് ഭാവന ചെയ്തു തുടങ്ങും നമുക്ക് പണുണ്ടാക്കുന്നതാണ് ലക്ഷ്യം തീരുമാനിച്ച ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ടെന്ന് മനസ്സ് ഭാവന ചെയ്യും ഭഗവത് സാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്ന് നിശ്ചയിച്ചാൽ ആ ഭഗവത് സാക്ഷാത്കാരം നേടാനുള്ള എല്ലാ വഴികളെയും ഇത് ഭാവന ചെയ്തു തുടങ്ങും അപ്പോഴാണ് നമ്മളുടെ ഉള്ളില് പലപ്പോഴും സാധകന്മാർക്ക് അറിയാം അല്ലേ അധ്യാത്മമാർഗത്തിൽ വരുമ്പോ തന്നെ ഗുരുവിനെ കുറിച്ചുള്ള ഭാവന സത്സംഗത്തിനെ കുറിച്ചുള്ള ഭാവന ധ്യാനത്തിനെ കുറിച്ചുള്ള ഭാവന സമാധിയെക്കുറിച്ചുള്ള ഭാവന ജപം ചെയ്യണതിനെ കുറിച്ചുള്ള ഭാവന ഒരു ഒരു സദ്ഗ്രന്ഥം ഒരു നല്ല പുസ്തകം വരണമെന്ന് വെച്ചാൽ ആ പുസ്തകത്തിനെ കുറിച്ചൊരു ഭാവന അത് തുറന്നു വായിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടാൻ പോണെന്നൊരു ഭാവന ഇതൊക്കെ ഭാവന എന്ന് ഭഗവാൻ ഇതിനാണ് പറയണത് സർവ്വമംഗളമായ ഒരു ശക്തിയാണ് അതായത് ഭാവന ഈശ്വരനിലേക്ക് തിരിഞ്ഞു ഗുരുവായൂർ പോയാൽ ഭഗവാനെ കാണു എന്തോ കിട്ടാൻ പോണോ ഒരു ഭാവന ധ്യാത്മത്തിലെ സ്ഥൂലത്തിനേക്കാളും ഈ ഭാവനയ്ക്കാണ് പ്രാധാന്യം സ്ഥൂലത്തിൽ എന്ത് നടക്കുന്നു ഫാക്ട് എന്താണെന്നാണ് ആളുകൾ ചോദിക്കുക ഫാക്ട് നമുക്ക് പ്രധാനമേ നമുക്ക് ഭാവനയാണ് പ്രധാനം ഈ സത്യം പറയേണ്ടത് ഭാവനയാണ് സത്യം ഫാക്ടല്ല ഒരു കുട്ടിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും മോശമായ കാര്യം എന്തോ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എന്താ പറയണത് എന്ന് ചിലപ്പോൾ കുട്ടികൾ ഇന്റർഫിയർ ചെയ്യും അപ്പൊ കുട്ടിയുടെ അടുത്ത് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അയാളുടെ മനസ്സ് കേടുവരാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മൾ പറയും സത്യമായിരിക്കില്ലാ പറയണത് നടന്ന ഫാക്ട് ആ കുട്ടി അറിയരുത് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ ആ കുട്ടിയുടെ ഭാവന കേടുവരുത്തരുത് എന്നുള്ളതാണ് ഒരു കോമൺ സെൻസ് അല്ലേ ഇതാണ് ഋഷികളും പലപ്പോഴും ചെയ്യുന്നത് ശാസ്ത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉദ്ദേശം മനുഷ്യന്റെ ഭാവനയെ കേടുവരുത്തരുത് പക്ഷെ വെസ്റ്റേൺ മൈൻഡ് മുഴുവൻ നോക്കൂ അവർക്ക് ഫാക്ടാണ് പ്രധാനം ഭാവനയല്ല അതുകൊണ്ട് ഫാക്ട് എന്ന് പറഞ്ഞ് എല്ലാ വൃത്തികേടുകളും അവർ പ്രചരിപ്പിക്കും സാധകന്മാരുടെയും ഭക്തന്മാരുടെ ഒക്കെ ഭാവനകളെ നശിപ്പിക്കുക എല്ലാം റിസർച്ച് റിസർച്ചാണ് എല്ലാത്തിൻ്റെ ഉള്ളിലേക്കും റിസർച്ച് ഇറങ്ങിപ്പോവും കൃഷ്ണൻ ജനിച്ചിരുന്നുവോ രാമൻ ജനിച്ചു പോവും ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ കാലത്തുണ്ടായിരുന്നു ആ കാലത്തുണ്ടായിരുന്നു അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന തന്നെ എത്ര ചോദ്യമാണ് നാളെ നമ്മളിവിടെ ഒരു പുസ്തകം പ്രകാശിപ്പിക്കേണ്ട ആത്മതീർത്ഥം ആചാര്യസ്വാമിയുടെ ചരിത്രം ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം ഉള്ളിലെ ഒരു ദിവ്യ ഗർഭം പോലെ ഉണ്ടായിരുന്നതാണ് ഈ അടുത്ത കാലത്താണ് അത് എഴുതി ഒരുപാട് പേര് അതിനുവേണ്ടി തപസ് ചെയ്തു അത് ഒരു രൂപത്തിൽ കൊണ്ടുവരാനായിട്ട് നാളെ നിങ്ങൾക്ക് വരുമ്പോൾ കാണാം പുസ്തകം ഭാഗവതം പോലെ ഗീത പോലെ രാമായണം പോലെ സൂക്ഷിക്കേണ്ട കേരളത്തിൽ മുഴുവൻ എത്തേണ്ട ഒരു ഗ്രന്ഥാണ് ധാരാളം കോപ്പി കൊണ്ടുവരണ്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ പോലും ഈ ദിവ്യഗ്രന്ഥം പോയി ചേരട്ടെ ആരാധിക്കേണ്ട ഒരു ദിവ്യഗ്രന്ഥമാണ് ആചാര്യസ്വാമിയുടെ ചരിത്രം അതിൽ തന്നെ എത്ര ചർച്ചകളാറിയോ ഒരുപാടതിനു വേണ്ടി പല വിഷയങ്ങളും നോക്കിയപ്പോൾ കണ്ടതാണ് ഏറ്റവും അടുത്തുണ്ടായിരുന്ന മഹാപുരുഷൻ അവിടെ തന്നെ എത്ര ചർച്ചകളാണ് എത്ര ഡിസ്കഷൻസ് കാലം ഈ കാലമൊന്നും ഋഷികളുടെ സമ്പ്രദായത്തിൽ ഇല്ലേ ഇല്ല ഈ കാലത്തിലാണോ ഏ ഡി ഈ എ ഡി മാത്രം ആരും ചോദ്യം ചെയ്യണില്ല എ ആണോ ബി ആണോന്ന് നമ്മുടെ ആളുകൾ കിടക്കുന്ന ചർച്ച നടുവിൽ നാട്ടിയിട്ടാണ് അങ്ങടും ഇങ്ങട് പോണത് അദ്ദേഹം ഉണ്ടായിരുന്നോന്ന് ചോദ്യം ആർക്കില്ല അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാമല്ലോ വേണമെങ്കിൽ ദുഃഖ മനസിന്റെ വിഭ്രാന്തികളാണ് വിഭ്രമങ്ങളാണ് നമുക്ക് ഭക്തിയാണ് പ്രധാനം ജ്ഞാനമാണ് പ്രധാനം വൈരാഗ്യമാണ് പ്രധാനം അല്ലാതെ കാലമല്ല മനസ്സിന് കേടുവരുത്തുന്ന ഒരു വാർത്തകളുണ്ടാവാൻ പാടിയ മനസ്സിനെ വികലമാക്കുന്ന ഒരു വാർത്തകളും ഇൻസിഡൻസും ഉണ്ടാകും അതൊക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഋഷി സമ്പ്രദായത്തിലാണ് ഈ ഗ്രന്ഥത്തില് വേറെ ഒന്നോ ആചാര്യസ്വാമിയുടെ തന്നെ വാക്കുകളെ ഉള്ളു അതിൽ മുക്കാൽ ഭാഗവും സ്തോത്രങ്ങളും ഭാഷ്യത്തിലുള്ള വചനങ്ങളും ഉപദേശങ്ങളും ആയിട്ട് നാളെ വൈകുന്നേരം ഇവിടെ നമ്മളത് അവതരിപ്പിക്കും സാന്ദർഭികമായിട്ടത് പറഞ്ഞുവന്നു ഭാവന ഭാവാഹ ആ ഭാവനയെ നന്നാക്കലാണ് അധ്യാത്മ സാധനയിൽ പ്രധാനം ആ ഭാവനയ്ക്ക് നമ്മൾ ഭഗവാനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് ഭഗവാനിൽ നിന്നാണ് എല്ലാ ഉദ്ഭവിച്ചതെന്ന് ആദ്യം തത്വമായിട്ട് നിശ്ചയിച്ചു തത്വമായിട്ട് നിശ്ചയിച്ച ശേഷം ഇനി യോഗത്തിലേക്ക് വരിക യോഗം ഭക്തിയോഗം ഭക്തിയോഗം എന്താന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ എല്ലാവരിലും ഭഗവാനെ കാണാൻ തുടങ്ങും സാധകന്മാർക്ക് അത് സാധിക്കും വരണവർ ആനന്ദാശ്രമത്തിൽ സ്വാമി രാമദാസിനെ കാണാൻ പോയൊരു ഭക്തൻ ചോദിച്ചു നിങ്ങൾ രാമനാമാണോ ജപിക്കണത് ഇവിടെ രാമന്റെ ഫോട്ടോ ഒന്നും കാണാനില്ലല്ലോ നിങ്ങൾ ഉപാസിക്കുന്ന രാമൻ എവിടെ ഈ വരുന്ന എല്ലാ രൂപവും രാമനാണ് രാമനാണെന്ന് ആദ്യം തീരുമാനിക്കുന്നത് ജ്ഞാനം പിന്നെ രാമനാണെന്ന് കാണാൻ ഇത്തിരി മെനക്കെടുണ്ട് വെച്ചാൽ അവരുടെ രൂപം കാണും അവരുടെ അടുത്ത് ദോഷങ്ങൾ കാണും നല്ലത് കാണും ചീത്ത കാണും വികാരങ്ങൾ ഇതൊന്നും ഇല്ലാതാവാൻ പതുക്കെ പതുക്കെ അതാണ് ഭാഗവതത്തിലെ അവസാന ഉദ്ധവരെടുത്ത് ഭഗവാൻ പറഞ്ഞ പ്രണമേത് ദവത്ഡാള ഗോഖരം സാഷ്ടംഗം വീണ് നമസ്കരിക്കാന്നാണ് പ്രത്യേകിച്ച് ആരുടെടുത്ത ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം നിർത്തി നമസ്കരിക്കുക ആരുടെ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കുക ആരുടെങ്കിലും എന്തെങ്കിലും വിരോധഭാവം തോന്നുന്നുണ്ടെങ്കിൽ നമസ്കരിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ എല്ലാത്തിലും ഈശാവാസ്യമിതം യത്കിഞ്ച ജഗത്യാം ജഗത് എന്നുള്ള ദർശനം വരണവരയ്ക്കും ഏവമുപാസീത മനോവാക്കായ വൃത്തി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വൃത്തി ചിത്തവൃത്തികൾ ഒക്കെ തന്നെ ഇങ്ങനെ ഉപാസിച്ചുപാസിച്ച് ഭഗവത്ഭാവ ഉണ്ടാവണവരെ ഉപാസിക്കൂ എന്ന് ഭാഗവതം വിധിച്ചു അങ്ങനെ വികൽപ്പങ്ങളൊക്കെ നിവൃത്തിയാക്കുമ്പോ അതിനുള്ള ഒരു സാധനയാണ് പറഞ്ഞ അഹം ഇതിമത്വ എല്ലാം ഭഗവാൻ എന്നാണ് ഉദ്ദിച്ച് നിന്ന് അസ്തമിക്കണതെന്ന് അറിഞ്ഞിട്ട് ബുധാഹ എന്നു വച്ചാൽ അറിവുള്ളവര് പിന്നെ ഭക്തി ചെയ്യണമെന്നാണോ എങ്ങനെ ഭക്തി ചെയ്യണു ഭാവസമന്വിത ആ ഭാവസമന്വിത ഭക്തി എങ്ങനെയാ അങ്ങനെയാണ് ഭക്തന്മാര് പതുക്കെ പതുക്കെ ഒരു പ്രിയം വളർത്തിയെടുക്കണ എല്ലാവർക്കും ഒരു സേവ ചെയ്യണത് ഒരു കൈങ്കര്യം ചെയ്യണത് അഥമാം ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയാ അഭിചക്ഷത്തിൽ കപില ഭഗവാൻ പറഞ്ഞു ഞാൻ സർവഭൂതങ്ങളിലും ഭൂതാത്മാ അന്തര്യാമിയായിട്ടിരിക്കണു ഞാൻ ഏതൊക്കെ രൂപത്തിൽ വരുന്നു അതാത് രൂപത്തിൽ അർച്ചിക്കുക എന്നുവെച്ചാൽ വിശപ്പോടെ വന്ന അന്നം കൊണ്ട് അർച്ചിക്കൂ ദാഹത്തോട് വന്ന ജലം കൊണ്ട് അർച്ചിക്കൂ വേറെ എന്തെങ്കിലും അർത്ഥിച്ചുകൊണ്ടു വന്നാൽ അതുകൊണ്ട് അർച്ചിക്കാം ഒന്നുമില്ലെങ്കിലും ഒരു നമസ്കാരം കൊണ്ട് അർച്ചിക്കൂ ഒരു ബഹുമാനം കൊണ്ട് അർച്ചിക്കൂ ഒരു ആദരവ് കൊണ്ട് അർച്ചിക്കൂ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ ഭഗവത്ഭാവം എല്ലായിടത്തും ഉണ്ടാവാം ഈ വ്യവഹാരത്തില് ഭാവസമന്വിതാഹ ഭാവമണ്ഡലത്തിനെ ശുദ്ധമാക്കാൻ പതുക്കെ പതുക്കെ ധ്യാന ഫലം നമുക്ക് ഏകാന്തത്തിൽ ചിലരൊക്കെ പറയും ഈ മനുഷ്യരെ കാണാനുള്ള ബുദ്ധിമുട്ട് ഏകാന്തത്തിൽ പോയി മലയും വൃക്ഷങ്ങളും ഒക്കെ ഭഗവത് സ്വരൂപമാണ് അത് നമ്മളടുത്തൊന്നും ചണ്ട കൂടാനൊന്നും വരില്ലല്ലോ അതുകൊണ്ട് അതിലൊക്കെ പരമാത്മ സ്വരൂപം ഭഗവത് സ്വരൂപം കാണാൻ എളുപ്പമാണെന്ന് അത് ശരിയാണ് ഒരു ലെവലുവരക്കും അങ്ങനെയൊക്കെ ചെയ്യാം ഉപാസന സർവം ഖലുവിതം ബ്രഹ്മാലേ പ്രകൃതിയുടെ അലൗകികമായ സൗന്ദര്യം കാണുമ്പോൾ ബ്രഹ്മഭാവം എളുപ്പത്തില് വരും ഗംഗയെ കാണുമ്പോ സാക്ഷാത് ജഗദീശ്വരി എന്ന് പറയാതെ തന്നെ കാണും തോന്നി ഹിമാലയത്തിന് കാണുമ്പോ സാക്ഷാത് പരമേശ്വരസ്വരൂപമെന്ന് തോന്നി അരുണാചലത്തിന് കാണുമ്പോ സാക്ഷാത് പരമേശ്വരസ്വരൂപം എന്ന് അത് തന്നെ പതുക്കെ പതുക്കെ ത്വം സ്ത്രീത്വം പുമാനസിത്വം കുമാര ഉദമാകുമാരീ ത്വം ജീർണോദണ്ഡേന വഞ്ചസിവം ജാതോഭവസി വിശ്വതോ മുഖ വിശ്വതശക്ഷുരുത വിശ്വത്തോ മുഖോ വിശ്വത്തോ ഹസ്ത വിശ്വതസ്ത്രീയും പുരുഷനും കുമാരനും കുമാരിയും ഒക്കെ പരമേശ്വരനാണ് ഭഗവാനാണ് ഈ രൂപത്തിലൊക്കെ ഇരിക്കണത് അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഭഗവാനാണ് നമുക്ക് ഭാവം എല്ലായിടത്തും വരണില്ലെങ്കിൽ പോലും ഭഗവാനാണെന്ന് തീരുമാനിച്ച് തീരുമാനിച്ചാൽ എന്താ പ്രയോജനം മനസ് ശാന്തമാവും നിശ്ചലമാവും രാഗദ്വേഷം എടുത്തു കളഞ്ഞാൽ പ്രസന്നമാവും മനഃപ്രസാദം ഉണ്ടാവും ഭഗവാനെ കണ്ട പ്രസാദം കിട്ടണില്ലേ അതുപോലെ എല്ലായിടത്തും ഭഗവാനാണെന്ന് നിരൂപണം ചെയ്ത് നിശ്ചയം ചെയ്ത് വൈശാരഥീ ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ് ഈ വൈശാരഥീ ബുദ്ധി കൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ ഏകതത്വാഭ്യാസം ചെയ്തോറും ഒരു പ്രസന്നത വരും ആ പ്രസന്നതയാണ് ഭക്തി എന്ന് പറയുന്നത് അതിന് നമുക്ക് സാധന ചെയ്യണം എന്താ സാധന മി മദ്ഗതപ്രാണ അടുത്ത ശ്ലോകം ബോധയന്തരം കഥയന്തം നിത്യം തുഷ്യന്തി ഭക്തിസാധന നമ്മൾ ചെയ്യണതൊക്കെ അതാണ് മത്ശിത്താഹ അവരുടെ ചിത്തം എവിടെയിരിക്കുന്നു ഭഗവത് ചിത്താഹ ഭഗവാനിൽ തന്നെ മനസ്സ് വച്ചിരിക്കുന്നു മദ്ഗത പ്രാണാഹ അവരുടെ പ്രാണൻ ഭഗവാനിൽ പോയി അവർ ജീവിക്കുന്നത് തന്നെ ഭഗവാന് വേണ്ടിയിട്ടാണ് അവരുടെ പ്രാണനിൽ മുഴുവൻ ഭഗവത് നാമവും ഭഗവത് ധ്യാനവും ഇണങ്ങിച്ചേർന്നിരിക്കുന്നു ഈ പ്രാണനിലാണ് ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ ഇരിക്കേ അതുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് തന്നെ അസു എന്ന് പേരുണ്ട് പ്രാണൻ എന്ന് പേരുണ്ട് പ്രാണൻ മദ്ഗത പ്രാണാഹെന്ന് വെച്ചാൽ ആ പ്രാണനൽ മുഴുവൻ ഭഗവന്നാമൻ ജപം ചെയ്ത് ജപം ചെയ്ത് ജപം ചെയ്ത് ഭഗവത്ദ്ധ്യാനം ചെയ്ത് ജ്ഞാനവിചാരം ചെയ്ത് പ്രാണൻ മുഴുവനും ആ ചൈതന്യസ്രോതസ്സായിട്ട് മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ടാമതൊരാൾ വരുമ്പോൾ അവരെ ചെയ്യുന്നു ബോധയന്ധ പരസ്പരം ഈ കാണുന്ന ആള് ജ്ഞാനിയുടെ സ്ഥിതിയെക്കുറിച്ച് പറയും നാലു മഹാവാക്യങ്ങളും ജ്ഞാനിയുടെ വ്യവഹാരത്തിലുണ്ട് ജ്ഞാനിക്ക് ബ്രഹ്മജ്ഞാനം എങ്ങനെയുണ്ട് പ്രജ്ഞാനം ശുദ്ധ പ്രജ്ഞാനം അതായത് മനസ്സോ വികാരങ്ങളോ ഇല്ലാത്ത ശുദ്ധ ബോധം തന്നെ ആണ് സത്യമെന്ന് അറിയാം ആ ബോധം തന്നെയാണ് തന്റെ ഉള്ളിൽ അഹം അഹമെന്ന അനുഭവ രൂപത്തില് ബ്രഹ്മ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നത് രണ്ടാമത്തെ മഹാവാക്യം ഇതിന് ഉത്തമപുരുഷ മഹാവാക്യം എന്ന് പേര് ആദ്യത്തത് ലക്ഷണമഹാവാക്യം രണ്ടാമത്തത് ഉത്തമപുരുഷ മഹാവാക്യം ആ ഉത്തമപുരുഷൻ ഞാൻ മാത്രമായിട്ടിരിക്കുമ്പോൾ ഞാൻ ആ പൂർണ്ണ ബ്രഹ്മമാണ് അഖണ്ഡമാണ് ഈ അനുസന്ധാനത്തിന് ജ്ഞാനനിഷ്ഠയ്ക്ക് ഒരു തടസ്സം വരും എപ്പോഴാ രണ്ടാമതൊരാൾ വന്നിരിക്കുമ്പോൾ രണ്ടാമത്തൊരാൾ വന്നിരിക്കുമ്പോൾ തത്വമസി നീ അത് തന്നെ ഞാൻ എന്താണോ അത് തന്നെ നീ അനേകം ആളുകൾ വരുമ്പോഴോ അയമാത്മാ ബ്രഹ്മ ഈ കാണുന്ന ജീവനൊക്കെ തന്നെ ഒരു പിപീലിക മുതൽ ഒരു അമീപം മുതൽ എല്ലാത്തിനുള്ളിൽ ചൈതന്യത്തിന്റെ സ്ഫൂർത്തി എല്ലാം ആ പരമേശ്വരൻ തന്നെയാണ് അങ്ങനെ കാണുമ്പോ നാല് മഹാവാക്യങ്ങളും ജ്ഞാനിയുടെ വ്യവഹാരത്തിലുണ്ട് അപ്പൊ ഭഗവത് ഭക്തന്മാര് മനസ്സില് സദാ ഭഗവാനെ ധ്യാനിക്കുന്നു ജീവിക്കുന്നത് തന്നെ ഭഗവാനു വേണ്ടിയിട്ടാണ് ഭക്തന്മാര് തമ്മിൽ കൂടുമ്പോ പരസ്പരം ഭഗവത് കഥകള് പറഞ്ഞും ഭഗവത് നാമം സങ്കീർത്തനം ചെയ്തും ജപം ചെയ്തും ധ്യാനിച്ചും കഥയെന്തശ വായി തുറന്നാൽ വേറെ ഒന്നും പറയാനില്ല ഭാഗവതത്തില് കപിലൻ പറയണു സത്സംഗം ആരെടുത്ത് വേണമെന്ന് വെച്ചാൽ ആരും ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും ഭഗവത് വിഷയങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുവോ അവിടെ പോകും അല്ല സത്സംഗം എന്ന് വെച്ചാൽ അവർ അറേഞ്ച് ചെയ്ത് മൈക്ക് ഉണ്ടെങ്കിലേ പറയുള്ളൂ എന്നൊന്നുമില്ല കഥയന്ത നിത്യം ദുഷ്യന്തി ചെറ സന്തോഷിക്കണം ആനന്ദം ഉണ്ടാവണം രോമാഞ്ചുണ്ടാവണം ഭാവഭക്തി ഉണ്ടാവുന്നു ഭഗവത് കഥാശ്രവണം ചെയ്യുമ്പോ ഭഗവത്ഭക്തി ഉള്ളിലുണ്ടാവുന്നു ഭഗവത് നാമം ജപിക്കുമ്പോൾ ഉള്ളില് ആനന്ദം ഉണ്ടാവുന്നു തുഷ്യന്തി രമന്തി സന്തോഷം ഉണ്ടാവുന്നു പ്രഹ്ലാദൻ പറഞ്ഞു ഈ തുഷ്യന്തി രമന്തി ഒക്കെ പ്രഹ്ലാദൻ വർണ്ണിക്കുമ്പോൾ പറഞ്ഞു ഹരേ ജഗത്പദേ നാരായണേ തി ആക്രന്തേന്ന് ഇതൊക്കെ കാണും അല്ലേ സങ്കീർത്തനം ചെയ്യുമ്പോൾ അവർക്ക് ഭാവമുണ്ടാവും തുഷ്യന്തിച്ച് രമന്തിച്ച് എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് മുഴുവനും ഭഗവത് പൂണ്ടിരിക്കുകയാണ് അവരുടെ വികാരം ഭഗവാനിലാണ് ഇമോഷൻസൊക്കെ ഭഗവാനിലാണ് തുഷ്യന്തിച്ച രമന്തിച്ച് കഥയന്തശമാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച് ഉന്മാദം പിടിച്ചവരെ പോലെ ഒരു ഉദാഹരണം പറഞ്ഞ് ലൗകിക മനുഷ്യർ സിനിമ പറയണ പോലെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീണാം വിടാനാമിവർത്ത ലൗകികമായി ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ കൂടിയിരുന്ന ലോകവിഷയങ്ങളൊക്കെ വർത്തമാനം പറയണ പോലെ ഇപ്പല്ലേ ഇപ്പൊ പലരും ഇപ്പൊ പുറത്തുപോയാ നോക്കൂ ക്ഷൻ റിസൾട്ടിന്റെ വർത്തമാനം ഗംഭീരമായി തിരുതകൃതി ഉണ്ടാവും അതുപോലെ ഭഗവത് കഥാശ്രവണം ഭഗവത് വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രമിക്കുന്നു തുഷ്യന്തിച്ച് രമന്തിച്ച് കഥയന്ത ക്ഷമാം നിത്യം അതൊരു സമാധിയാണ് ഏകനാഥ് മഹാരാജ് പറയണം അതൊരു സമാധിയാണെന്ന് അതിന് മൗനം മൗനം എന്നുള്ളതിനൊരിടത്ത് അദ്ദേഹം അർത്ഥം പറയണത് തന്നെ ഈ അലൗകികമായ ബ്രഹ്മവിദ്യ പറയണത് മൗനം എന്നാണ് ഉത്തമ മൗനം എന്താന്ന് വെച്ചാൽ നോക്കൂ ഒരു വാങ് മൗനുണ്ട് അതെന്താന്ന് വെച്ചാൽ മൗനവ്രതം എടുക്കണം പക്ഷെ മനസ്സൊക്കെ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞോളൂ ആ മൗനവ്രതത്തില് ചിലരുടെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് ഇവർ പറഞ്ഞതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇയാള് തീരുമാനിക്കും നാളെ വർത്തമാനം തുടങ്ങിയിട്ട് വേണം ഇവനെ നാല് പറയും ഇന്നിപ്പ നിവൃത്തിയില്ലേ അന്ന് മൗനവ്രതാണ് ഞാൻ മൗനവ്രതത്തിനെ കളിയാക്കയല്ല അങ്ങനെ വായടച്ചിരുന്ന ആ പോലും പ്രയോജനമുണ്ട് എന്താന്ന് വെച്ചാൽ ചിലതൊക്കെ വരും നമ്മൾ പറയില്ല നമ്മൾ ആദ്യമായിട്ട് കാണും ആ പറയണതിനും വാക്കിനും ഡിസ്റ്റൻസ് കാണും ഉത്തമ മൗനത്തിന് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് വാങ് നിരോധം എന്ന് പറയണത് തെറ്റല്ല തമാശ പറയണം അത്രേയുള്ളൂ എന്നാല മൗനം എന്ന് വെച്ചാൽ മുനിയുടെ ഭാവമാണേ വാങ് നിരോധം മാത്രം മൗനമല്ല മുനിയുടെ ഭാവമാണ് മൗനം ജ്ഞാനത്തിന് പേരാണ് മൗനം അതായത് പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന ബാല്യം നിർവിദ്യ മൗനം ഗച്ഛേതെന്നൊക്കെയാണ് ശ്രുതി വിധിക്കുന്നത് ആ അപ്പോ ആ വാങ് രണ്ടാമത്തെ ഉത്തമ മൗനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ എല്ലാം ഏകമേവ അദ്വിതീയം അന്യമായ ഒന്നുമില്ല എല്ലാം ആത്മാവാണ് അന്യവസ്തുല്ല ഇങ്ങനെ നിരൂപണം ചെയ്ത് ജ്ഞാനിയുടെ വർത്തമാനത്തില് സംവാദത്തില് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആ ഭാഷയിൽ ഒരു അലൗകികത്വം വരും ആ അലൗകികത്വം എന്താന്ന് വെച്ചാൽ ഞാൻ നീ അവൻ ഒന്നുമില്ലാത്ത ഭാഷ സാധാരണ ആളുകൾ സംസാരിച്ചാൽ ഒന്നിൽ അവരെ കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചാൽ കാണാം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തലയുരുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും ഇതൊക്കെയാണ് നടക്കുക ഇതൊന്നുമില്ലാത്ത അലൗകിക ഭാഷ ബ്രഹ്മവിദ്യ മാത്രമേ ഉള്ളൂ അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ കഥയന്ത ശ്രമം നിത്യം തുഷ്ന്തിച്ച് രമന്തിച്ച് ഭഗവാനെക്കുറിച്ച് പറയുന്നു സത്സംഗത്തിൽ അതിൽ തന്നെ രമിക്കണു അതിൽ തന്നെ നിൽക്കണു ഇത് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെയും അനുഭവമുണ്ടെങ്കിൽ ഒരു മിസ്റ്ററി എന്താന്ന് വെച്ചാൽ ഭാഷയൊന്നും കാര്യമില്ല പലപ്പോഴും സത്സംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കും തമിഴ് മലയാളം ഒന്നും അറിയാത്ത ആളുകളൊക്കെ പോലും വന്നിരുന്ന് കേൾക്കും ഇവിടെ പോലും രണ്ടു വർഷം മുമ്പ് ഒരു ഗുജറാത്തി അമ്മ വന്നിരുന്നു ആ അമ്മ ഹരിദ്വാറിലൊക്കെ വന്നിരുന്നു അവർ ഒന്നും മനസ്സിലാവില്ലേ അവർക്ക് തമിഴും അറിയില്ല മലയാളവും അറിയില്ല എന്നിട്ടും കേൾക്കും ആ വാക്കിന് അപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വാക്കിന് പുറകിലുള്ള മൗനം പ്രവർത്തിക്കും ും അപ്പുറം പോയാലാണ് ഉത്തമ മൗനം അവിടെ വായ അടച്ചു പിടിച്ചാൽ യുവർ വെരി പ്രസൻസ് ഇസ് മോർ എലക്വന്റ് ഇറ്റ് ക്യാൻ ഡയറക്ട് കമ്മ്യൂൺ ഡയറക്റ്റ് ആയിട്ട് അത് വിനിമയ ശക്തി ഉള്ളതാണ് നേരിട്ടത് വിനിമയം ചെയ്യും സത്യത്തിന് അങ്ങോട്ട് കൊടുക്കും അത് വാക്കിനും അപ്പുറം ഉള്ളതാണ് വാക്കിയ പൊരുൾ വാക്കിന് പുറകിൽ നിൽക്കും ആ വാക്കിന്റെ പൊരുളുണ്ടല്ലോ വാക്കിനെയും അതിക്രമിച്ചു നിൽക്കും അങ്ങനെയുള്ള ആ മൗനത്തിന്റെ രസത്തിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ആണ് ഇവിടെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് രസിക്കുന്നു കഥയന്തശമാം നിത്യം തുഷ്യന്തിച്ച് റമന്തിച്ച മച്ഛിപ്രാണവതത്തിലെ ഇതിനെ ഭക്തിസാധനയായിട്ട് തന്നെ വിധിക്കുന്നുമൃത്യാ ശിരസ്തവനിവാസ ജഗത്പ്രണാ ദൃഷ്ടി ഏകാദശ സ്കന്ധത്തില് ഭഗവാൻ ഇതിനെയൊക്കെ ഒരു സാധനയായിട്ട് തന്നെ പരസ്പരം പറയുക രസിക്കുക പാവനം ഭഗവത് യശ മിഥോരതി മിഥസ്തുഷ്ടി നിവൃത്തി അഗൗഗഹരം ഹരിം ഭക്ത സഞ്ജാതയാ ഭക്യാ ബിഭ്രതി ഉത്പുളകാം തനും സ്മരന്ത ഭഗവാന് ഉള്ളിൽ സ്മരിക്കണു അടുത്തിരിക്കണവരെ സ്മരിപ്പിക്കണുളള പാപവാസനയൊക്കെ കഴുകിക്കളയുന്നു ഉത്പുളകാം തനും പുളകാങ്കിതമായ ഗാത്രത്തോടുകൂടെ രോമാഞ്ചത്തോടുകൂടെ ഇരുന്നു കൊണ്ട് ഭഗവത് കഥകൾ പരസ്പരം അതൊരു സമാധിയാണ് ഉത്തമ സത്സംഗം പരസ്പരം ഭഗവാനെക്കുറിച്ച് ഗുരുവിനെ കുറിച്ച് മഹാപുരുഷന്മാരെക്കുറിച്ച് വൈരാഗ്യ വിഷയമായിട്ടൊരു സംവാദം ചെയ്യുമ്പോൾ ഒരു തരത്തിലൊരു വണ്ണസ്വരം അത് ഒരു സമാധിസ്ഥിതിയാണ് ഇൻഫോർമൽ ആയിട്ട് തനിയെ ഇരുന്ന് പറയുമ്പോ പോലും ആ ഒരു സമാധി അനുഭവമാണ് ഇതാണ് ശ്രീരാമകൃഷ്ണ പരമവംശർക്ക് ലാസ്റ്റ് വരെ അത് നിർത്താൻ പറ്റിയില്ല ക്യാൻസർ തൊണ്ടയിൽ പിടിച്ചിട്ടും സർക്കാർ ഡോക്ടർ വന്നിട്ട് പറയും ആരടുത്ത് സംസാരിക്കരുത് എന്ന് പറയും ഡോക്ടർ എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ഡോക്ടർ വരുമ്പോ പറയും എന്റെ അടുത്ത് മാത്രം സംസാരിക്കാന്ന് പറയുന്നത് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ആ രുചി കിട്ടിയേ അപ്പൊ അദ്ദേഹം രാമകൃഷ്ണദേവന്റെ അടുത്ത് പറയും എന്റെ അടുത്ത് സംസാരിക്കാത്തിരിന്ന് പറയും ആ രുചി വന്നുപോയി സ്മരന്ത സ്മാരയന്താ അഘൗഖഹരം ഹരിവും ഭക്തി സഞ്ജാതയാ ഭക്യാ ബിഭ്രതി ഉത് പുളകാം തനും ഒരു ഒരു തരത്തിലൊരു സമാധിഭാവം ഉണ്ടാവും സത്സംഗത്തിനെ ശുദ്ധീകരിച്ചാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ സത്സംഗത്തിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടെങ്കിലും ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് നമുക്കിപ്പോ മൈക്ക് വെക്കണത് അറേഞ്ച് ചെയ്യണത് നോട്ടീസ് ഒന്നും ഇതിന് കുറുകെ വരാൻ പാടില്ല ഇതിന് പുറകിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ വാക്കിന് വിവക്ഷ അശുദ്ധമായാൽ പോലും സത്സംഗം വിഫലമായിട്ട് പോകും പറയണതിന് പുറകിൽ പറയണ ആളുടെ ചിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ തോ അന്യതാ കിഞ്ചന വിവക്ഷത വ്യാസഭഗവാന്റെ അടുത്ത് നാരദൻ പറഞ്ഞു ഹേ വ്യാസരെ നിങ്ങൾ പറയുന്നതിന് പുറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പൃഥക്തരി ഉള്ളിൽ ഒരു വിഭ്രമുണ്ടാവുന്നതാണ് മനസ്സ് നിൽക്കല ശാന്താവല അതുകൊണ്ടാണ് ആദ്യം തുഷ്യന്തി രമന്തി എന്ന് പറഞ്ഞു സന്തോഷിക്കുന്നു രമിക്കണു ആനന്ദിക്കുന്നു പരസ്പരം പറയുന്നു അങ്ങനെ ഒരു ഭാവസ്ഥിതി സമാധിസ്ഥിതി കഥയന്തശമാം നിത്യം തുഷ്യന്തിച്ച് രമന്തിച്ച് അങ്ങനെ സദാഭഗവത് ലോകത്തിൽ തന്നെ ഇരിക്കുന്നവർ ഭഗവത് അനുഭൂതിയുടെ മണ്ഡലത്തിൽ തന്നെ ഇരിക്കുന്നവർ സതതയോഗികൾ നിത്യയുക്തന്മാർ നിരന്തര ഭഗവത് സ്മരണ ചെയ്യുന്ന ഭാഗവതന്മാർ അവരുടെ കാര്യത്തിൽ ഭഗവാൻ പറയണു അവര് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു സമാധിയാണ് ഇതിനും മേലെയാണ് ആ മൗനമെന്ന് പറഞ്ഞു ജ്ഞാനം ജ്ഞാനസ്ഥിതി അതെപ്പോൾ വരും ഭഗവാൻ പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇതുവരെയും വരിക ബാക്കി ഞാൻ നോക്കിക്കോളാം നീ ഉദ്ദേശം ശരിയാക്കൂ നല്ല സംഘത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാം സത്സംഗത്തിൽ വരാം നിന്റെ സ്മരണം ശുദ്ധമാവട്ടെ വാക്ക് ശുദ്ധമാവട്ടെ മനസ്സ് ശുദ്ധമാവട്ടെ ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമാവട്ടെ ബാക്കി ഞാൻ നോർക്കോളാം അടുത്ത ശ്ലോകം നോക്കും തേഷാം സതതയുക്താം ഭജതാം പ്രീതിപൂർവകം ി തേശാം അവർക്ക് എങ്ങനെയുള്ളവര് സതതയുക്താം നിരന്തരം ഭഗവത്സ്മരണ ചെയ്യണവർ നിത്യയോഗികളാണവർ എപ്പോഴെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല തനീകരിക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഒക്കെ ഭാഗവതം വായിച്ചിട്ടും നാമജപം ചെയ്തിട്ടും പരസ്പരം അത് പറഞ്ഞിട്ടും ദിവ്യക്ഷേത്രങ്ങളെ സന്ദർശിച്ചിട്ടും ആരാധന ചെയ്തിട്ടും ഇങ്ങനെ പല വിധത്തിലും നിരന്തരം ഭഗവത്ഭാവത്തിനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഭജതാം പ്രീതിപൂർവകം പ്രിയത്തോടുകൂടെ ഭജന ചെയ്യുന്നവർ ഭക്തി ചെയ്യുന്നവർ അവർക്ക് ദദാമി ഞാൻ കൊടുക്കും എന്താ കൊടുക്ക ബുദ്ധിയോഗം അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തിനെ കൊടുക്കും ബുദ്ധി എല്ലാവരുടെ ഉള്ളിലുണ്ട് ബുദ്ധിയുമായിട്ടുള്ളൊരു കോണ്ടാക്ട് വരണം ബുദ്ധി എന്ന് വെച്ചാൽ ബ്രെയിൻ അല്ല ഹൃദയത്തിനാണ് ബുദ്ധി എന്നു പേര് ജ്ഞാനത്തിനാണ് ബുദ്ധി എന്നു പേര് ആ ബുദ്ധിയോഗത്തിനെ ഞാൻ അവർക്ക് കൊടുക്കും ദദാമി ബുദ്ധിയോഗം ജ്ഞാനയോഗം അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഏന് ബുദ്ധിയോഗേന് തേ മാം ഉപയാതി ആ ബുദ്ധിയോഗം കൊണ്ട് അവരെന്നെ വന്നു പ്രാപിക്കും ദിൽ കം ടു മീ ദി ബുദ്ധിയോഗം ഏന് മാം തേ ഉപയാതി ആ ജ്ഞാനയോഗം കൊണ്ട് അവരെ എന്നിൽ വന്ന് ലയിക്കും അപ്പൊ ഒരു കാര്യം നിശ്ചയം എന്താണെന്ന് വെച്ചാൽ അവസാനം ഈ ബുദ്ധിയോഗം അഥവാ ജ്ഞാനയോഗം വന്നാവണം ആത്മസാക്ഷാത്കാരം ഉണ്ടാവണം പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ വിഷമിക്കണ്ട നമ്മൾ നാമം ജപിച്ചുകൊണ്ടും ഭക്തി ചെയ്തുകൊണ്ടും ഇരുന്നാൽ പതുക്കെ പതുക്കെ ചിത്രം ശുദ്ധമാവും ശുദ്ധമായ ചിത്തം ആത്മോന്മുഖമായിട്ട് തീരും ആത്മാനമനുജി കപല ഭഗവാൻ പറഞ്ഞു ശുദ്ധം ശുദ്ധമാവുമ്പോത് വിശുദ്ധേ സതി ചെയ്ത മുക്തി ഹി കരഫലായ ചിത്തം ശുദ്ധമാവുമ്പോ പതുക്കെ പതുക്കെ നമ്മൾ ഈ ശരീരമൊന്നും അല്ല എന്നും നമ്മൾ മനസ്സല്ല എന്നും ഇതൊന്നുമല്ലാത്ത ഒരു ചൈതന്യത്തിനെ സെന്ററിൽ നമ്മൾ കാണും ബോധത്തിനെ നമ്മളുടെ കേന്ദ്രത്തില് ഹൃദയമെന്നുള്ള ഒരു സെന്റർ നമ്മൾ തുറക്കുള്ളത് ഇപ്പൊ നമുക്ക് മൈൻഡ് മനസ്സെന്ന് പറഞ്ഞാൽ അറിയും ബുദ്ധിയൊക്കെ അറിയും ഇന്ദ്രിയങ്ങളൊക്കെ അറിയും പക്ഷേ ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിന് ഇതുവരെ നമ്മൾ ചകഞ്ഞ് കണ്ടിട്ടില്ല ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോൾ ഈ ഹൃദയസ്ഥാനത്തിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും നമ്മളുടെ അഹങ്കാരം ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സെന്റർ നമ്മളുടെ ഉള്ളിലുണ്ട് അമൃതനാഡി അവിടെയാണ് അമൃതനാഡി ഹൃദയസ്ഥാനത്തിൽ അത് തുറക്കും നമ്മളുടെ ബുദ്ധി അലൗകികമായ ശക്തി നേടിയെടുക്കണം എന്ന് വെച്ചാൽ അദ്വൈതജ്ഞാനത്തിന് പരിപക്വമായിട്ട് തീരുന്നു ഡിവിഷൻലെസ് അവെയർനെസ് ഇറ്റ് ഇസ് നോട്ട് ഇന്റലക്ട് ഇറ്റ് ഈസ് ഇന്റലിജൻസ് ഇന്റലക്ട് ഇസ് ഓൺലി സ്പാർക്ക് എ ബബിൾ ഇന്റലിജൻസ് ഇസ് ഓഷൻ ഇന്റലിജൻസ് ആണത് അതിന് ഡിവിഷൻ ഒന്നുമില്ല ഇന്റലക്ടിന് ഡിവിഷൻ ഉണ്ട് അതിനൊരു രൂപം നാമം വികാരങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇത് ആകാശകൽപജ്ഞാനം എന്നാണ് ഋഷികൾ പറയുന്നത് ജ്ഞാനേന ആകാശകല്പേനെ यो യോധർമാൻ ഗഗനോപമാൻ ജേയാഭിന്യന സമ്പുദ്ധ തമ്പന്തേ ദ്വിപദാംബരം ആകാശകൽപജ്ഞാനം കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണുന്നത് എന്നുള്ള ഭേദമൊക്കെ പോയി അവികൽപ്പജ്ഞാനം അതിനുള്ള ശക്തി ബുദ്ധി അസാമാന്യ വിഭൂതിയായിട്ട് തിരുന്നു ഞാനിട ഉള്ളിൽ ആ ബുദ്ധി സൂക്ഷ്മദർശനമുള്ള ശക്തി ഉള്ളതായിട്ട് തീരണം സാധാരണ ആളുകൾ കാണാത്തതൊക്കെ ഞാനീ കാണുന്നു എങ്ങനെ കാണുന്നു പശ്യന്തീ ബുദ്ധി എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ ആ പശ്യന്തീ ബുദ്ധി എല്ലാ ഡിവിഷൻസും കടന്നു പോകുന്നു പരിമിതികളൊന്നുമില്ല വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിലൊന്നും ബ്രിഡ്ജൊന്നുമില്ല നടുവിലെ ഷട്ടറൊന്നുമില്ല ആ ബ്രെയിനിന് അത്തരത്തിലുള്ള ബുദ്ധിയിലേക്കാണ് ഉപനിഷത് രഹസ്യങ്ങളൊക്കെ കടന്നു വന്നിരിക്കുന്നത് ആചാര്യസ്വാമികൾ ഒരു മൂലമായൊരു ചോദ്യം ചോദിക്കുന്നത് ഭാഷ്യത്തിലാണ് ജീവൻ മുക്തി എന്നുള്ളതില്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഈ ഹ്യൂമൻ സിസ്റ്റം ഇൻസ്ട്രുമെന്റിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഉപനിഷത്ത് മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്നു എന്നാണ് ചോദിക്കുന്നു ആരുടെയെങ്കിലും ഉള്ളുകൂടെയാണല്ലോ അത് ഒഴുകി ലോകത്തിലേക്ക് വരേണ്ടത് അതെങ്ങനെ വന്നു നിങ്ങളിപ്പോൾ പുസ്തകം ഒത്തു പഠിക്കുന്നു ഈ പുസ്തകമൊക്കെ വരുന്നതിന് മുമ്പ് ആ വിദ്യ ആരുടെയോ ഉള്ളിൽ കൂടെയാണല്ലോ ലോകത്തേക്ക് ഇറങ്ങി വന്നത് എങ്ങനെ വന്നു ആരെ പ്രണാളികയാക്കൊണ്ട് വന്നു അയാളുടെ ബുദ്ധിയുടെ പ്രകൃതി എങ്ങനെയുണ്ടാവും അതാണ് നമ്മൾ മേധാദേവീ എന്ന് പറഞ്ഞത് മേധാദേവി ജുഷമാണാ വിശ്വാചി ഭദ്രാസു മനസ്യമാനാ ത്വ ജുട്ടഋഷിർഭവതി ആ മേധാദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഋഷിത്വം ഉണ്ടാവണത് ബ്രഹ്മവിദ്യ പ്രകാശിക്കുന്നത് അതാണ് ബുദ്ധിയോഗം എന്ന് ഭഗവാൻ പറഞ്ഞത് അപ്പോ ഭക്തി ചെയ്യണത് നമ്മളുടെ കയ്യിലുണ്ട് സാധന ചെയ്യ ജപം ചെയ്യ ധ്യാനം ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞാൽ ഭഗവാന്റെ വാഗ്ദാനം എന്താന്ന് വെച്ചാൽ കോളിംഗ് ബെല്ലടിച്ചാൽ വീട്ടിൽ ഓണർ ഉണ്ടെങ്കിൽ ഉള്ളിൽ വാതിൽ തുറക്കും അല്ലേ അതുപോലെ നമ്മൾ നാമം ജപിക്കുന്നത് കോളിംഗ് ബെല്ലടിക്കലാണ് ഉള്ളിലാണ് പൂട്ടിയിരിക്കണത് വെളിയിലൊന്നും പൂട്ടില്ല വെളിയിൽ നമ്മൾ തുറക്കാനൊന്നുമില്ല ഉള്ളിൽ നിന്ന് തുറക്കും വിവൃണു തേ എന്നാണ് ശ്രുതി പറയണത് വിവൃണു നിരാവരണം ആവരണം ഒരു ചെറിയ ആവരണം പോലെ തോന്നുന്നു ആ ആവരണം അതാണ് ബുദ്ധിയോഗം ദദാമി എന്നുവച്ചാൽ ബുദ്ധി ആ ബുദ്ധി പുറമേക്ക് പോണതിന് പകരം അകമയ്ക്കും അത് ഉള്ളിലേക്ക് തിരിഞ്ഞ ഉടനെ ഇറ്റ് ബിക്കംസ് അലൈവ് അ ഫ്ലെയിം ഇഫൾജന്റ് ജ്യോതിർമയമായിട്ട് തീരുക അതിന് സമാധിസുഖം അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് പറഞ്ഞത് അതീന്ദ്രിയത്തിനെ ഗ്രഹിക്കാൻ ശക്തിയുള്ള ബുദ്ധിയായിട്ട് തീരണമെന്നാണ് അതിന് സാധാരണ ബുദ്ധിയായിട്ട് ഒരു സംബന്ധവും ഇല്ല സ്കൂൾ പഠിച്ചിട്ട് വരണമെന്നൊന്നുമില്ല അല്ലെ ഇപ്പൊ ഒരു രാമകൃഷ്ണ പരമവംശർക്ക് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ലാട്ടു മഹാരാജ് ശ്രീരാമകൃഷ്ണ പരമശ്വരക്ക് തന്നെ എഴുത്തും അറിയില്ല എങ്കിലും നല്ല വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ് പക്ഷെ ലാട്ടു ഒരു ബീഹാറി കൂലിപ്പണിക്കാരൻ സ്കൂൾ പഠിപ്പില്ല ഒന്നുമില്ല രാമചന്ദ്രദത്ത എന്ന് ഭക്തന്റെ വീട്ടിൽ പണിക്കാരനായിട്ട് വന്ന ആളാണ് രാമകൃഷ്ണ പരമവംശരെ കണ്ടോ ആകൃഷ്ടനായി ലാട്ടുവിന് ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമകൃഷ്ണദേവൻ പിൽക്കാലത്തിൽ അദ്ദേഹത്തിന്റെ സന്യാസനാമൊക്കെ കൊടുത്തു വിവേകാനന്ദ സ്വാമി ഒരു പേര് കൊടുത്തു അത്ഭുതാനന്ദ സ്വാമി പേര് കൊടുത്തു എന്താന്ന് വെച്ചാൽ ഒരു പഠിപ്പും അറിവും ഇല്ലാത്ത ആള് ബൃഹദ്ഹം ഉപനിഷത്തൊക്കെ പറഞ്ഞ അർത്ഥമൊക്കെ പറയും നേരെ മറിച്ച് നമ്മളിപ്പോ സാക്ഷര കേരളത്തിൽ പ്രാകൃത മനുഷ്യരെയൊക്കെ പിടിച്ച് സ്കൂള് പഠിപ്പിച്ച് കോളേജ് പഠിപ്പിച്ചൊക്കെ ചെയ്ത് നമ്മൾ നല്ലവരാക്കുകയാണെന്ന് വിചാരിക്കുകയാണ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ കത്തി എടുക്കുന്നതിന് പേരും ബോംബെടുക്കും കള്ളു കുടിക്കുന്നതിന് പേരും ഫാറിൻ സാധനം കുടിക്കും അത്രേ വ്യത്യാസമുള്ളൂ എന്തു നല്ല കേരള അച്ചടക്കത്തോടെ അമ്പലത്തിൽ പോലും ഇത്ര അച്ചടക്കം ഇല്ല വരുന്ന വഴിയൊക്കെ വരിയായിട്ട് ഓച്ചാനിച്ച് ഒരു നാണമല്ലാതെ പഴയ കാലത്തൊക്കെ തലയിൽ തോർത്തിട്ടിട്ട് പോകുന്നു പറയുമ്പോ ആ സ്ഥലത്തേക്ക് ഒരു നാണമില്ലാതെ വരി വരിയായിട്ട് നിൽക്കുകയാണ് ഇതാണ് ഇപ്പൊ പ്രയോജനം പഠിപ്പിന്റെ പ്രയോജനം പഠിപ്പ് കൊണ്ട് എന്തുണ്ടായി വിദ്യാഭ്യാസം കൊണ്ട് ഇണ്ടായി വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അല്ലേ പഠിച്ചിട്ട് എന്ത് കിട്ടി ഒരു പ്രയോജനം പഠിക്കാതിരിക്കണവന് എത്രയോ ഭേദം അയാൾക്ക് ഇത്തിരി നാണം എങ്കിലും ഇയാൾ പഠിച്ചു പഠിച്ച് അതും പോയി ഇതുകൊണ്ടൊക്കെ ഇപ്പൊ പ്രേജനം ഉണ്ടായത് ഇതിലൊന്നും ഇപ്പൊ നാണിക്കാനില്ല എന്നാണ് ലജ്ജ അങ്ങോട്ട് പോയി നടത്തും നാണം അങ്ങോട്ട് പോയി നടത്തും അതാണ് പാകപാഠ പ്രയോജനമാണ് അപ്പൊ പഠിപ്പ് കൊണ്ടൊന്നും കാര്യമില്ല ഈ ഉള്ളിലുള്ള ഈ ആത്മകൃപ ഉണ്ടാവുമ്പോ ഒരു വിധത്തിലുള്ള യോഗ്യതയും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും പോലും അവരിൽ മഹാവൈഭവം ഉണ്ടാവുകയാണ് മഹാമേധാശക്തി ഉണ്ടാവുകയാണ് പഠിക്കാതെ വരുന്ന പഠിപ്പിനെ അതിൻ്റെ വൈഭവ അതിന്റെ മഹിമ എന്ന് അറിയണം അതിനെ പഠിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ നോക്കിയിട്ട് കാര്യം അതിന് ഭക്തി തന്നെ വേണം ഈശ്വര അനുഗ്രഹം തന്നെ വേണം പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നൊക്കെ ജീവിക്കാൻ പഠിക്കണം എവിടെ പ്രകൃതിയില്ലേ നമുക്കൊക്കെ വികൃതിയേ ഉള്ളൂ പ്രകൃതിയൊന്നുമില്ല ദാമി ബുദ്ധിയോഗം തം എല്ലാത്തിലും ഈശ്വര സാന്നിധ്യം കാണുന്നവന് ഭക്തി ചെയ്യുന്നവന് ഭക്തന് ഞാൻ ബുദ്ധിയോഗം കൊടുക്കും അവന്റെ ബുദ്ധി ഒരു വിഭൂതിയായിട്ട് തീരും ജ്ഞാനിയുടെ ബുദ്ധിയും ഒരു വിഭൂതിയാണ് അതിന് അതിരു വരമ്പുകളൊന്നുമില്ല അതിന് എന്തും അറിയാനുള്ള ശക്തിയുണ്ട് അത് സർവജ്ഞത്വം നിരതിശയം തത്ര സർവജ്ഞത്വ ബീജം അവിടെ സർവജ്ഞത്വത്തിന്റെ പൊട്ടൻഷ്യലി ഒംനീഷ്യൻസ് ഇസ് ദയർ If necessary, it will manifest. പ്രകാശിക്കുന്നതാണ് വേണമെങ്കിൽ എന്നുവെച്ചാൽ നമ്മളുടെ സ്വാർത്ഥത്തിന് ഉപയോഗിക്കാനൊന്നും അത് പ്രകാശിക്കില്ലാന്നർത്ഥം ഈശ്വരത്വമുണ്ട് ഈശ്വരന്റെ കയ്യിൽ നിയതി യന്ത്രം മാത്രമാണ് ഞാനിയുടെ ശരീരവും ബുദ്ധിയും ഒക്കെ അത് ഈശ്വരൻ എങ്ങനെ ഉപയോഗിക്കണോ അങ്ങനെ ഉപയോഗിക്കണം അല്ലാതെ അവിടെ പോയി ഉപയോഗിക്കണമെന്ന് നമുക്ക് പറ്റില്ല അദ്ദേഹത്തിനൊരു വ്യക്തിത്വമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ സത്യം അറിഞ്ഞ ആളുകൾ ഉണ്ടല്ലോ അവരൊരു പ്രത്യേക കാറ്റഗറിയാണ് അവര് വ്യക്തികളൊന്നുമല്ല അവര് മനുഷ്യരൂപത്തിലൊക്കെ ഇരിക്കും അതൊരു പ്രത്യേക സത്വം അതൊരു യന്ത്രം മാത്രമാണ് മനുഷ്യരൂപത്തിലൊക്കെ ഇരിക്കുമെന്നല്ലാതെ അവർക്ക് ബുദ്ധിയൊന്നുമില്ല അവർക്ക് മനസ്സ് ഇന്ദ്രിയങ്ങളൊന്നുമില്ല അവിടെ ആത്മാവേ ഉള്ളൂ ആത്മാതന്നെയാണ് മനസ്സ് ആത്മാതന്നെയാണ് ബുദ്ധി ആത്മാതന്നെയാണ് ഇന്ദ്രിയം ആത്മാതന്നെയാണ് ശരീരം ഇതം സർവം യഥയം ആത്മാ ആ ഒരു വിഭൂതിയെ ആണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു അവർക്ക് ഞാൻ ബുദ്ധിയോഗം കൊടുക്കും ആ ബുദ്ധിയോഗം കൊണ്ട് അവരെ പൂർണ്ണ സാക്ഷാത്കാരം നേടും അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ ഈ ബുദ്ധിയുടെ വൈഭവം കൊണ്ട് തന്നെ കൃപ കൊണ്ട് തന്നെ ഞാൻ അജ്ഞാനത്തിന് നിവാരണം ചെയ്ത് ജ്ഞാനദീപേന ഭാസ്വത അടുത്ത ശ്ലോകം കൂടെ നോക്ക തേശാമേവാനു കമ്പാർത്ഥം അഹമജ്ഞാനജം തമഹ ീപേന അവരുടെ ഉള്ളിലിരുന്ന് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനത്തിനെ നിശേഷം നീക്കം ചെയ്ത് അവരെ പൂർണ്ണ ആത്മസ്വരൂപികളാക്കി തീർക്കും ശങ്കരാചാര്യര് ഗീതാപാശ്യത്തില് പറയുന്നു ലബ്ധ ഗുരുവാത്മപ്രസാദാ ഗുരുവിന്റെ കൃപയും ആത്മാവിന്റെ കൃപയ്ക്കും പാത്രമായിട്ടുള്ളവർക്ക് നാഥപ്പരം സുവിജ്ഞേയം സ്വാസന്നതരം അസ്തി ബാഹ്യകാരനിവൃത്തബുദ്ധീനാം പുറമേ നിന്നും ബാഹ്യാകാര അപഹൃത ചിത്താനാം തൂ പുറമേയുള്ള നാമരൂപങ്ങളിൽ മനസ്സിനെ വിട്ടുകളഞ്ഞവർക്ക് ആത്മഭൂതമപി സുവിജ്ഞേയമപി ദുർവിജ്ഞേയമ ദൂരസ്ഥമിവ അന്യദിവജപ്രതിഭാതി ലാർഗ് ആത്മാവായിട്ട് സ്വന്തം സിദ്ധമായിട്ടിരുന്നിട്ട് പോലും ദൂരത്തിലുള്ള പോലെയും കിട്ടാത്തതുപോലെയും വളരെ നേടിയെടുക്കേണ്ടതുപോലെയൊക്കെ തോന്നും നേരെ വെച്ച് ഗുരു കൃപയ്ക്കും ഈശ്വര കൃപയ്ക്കും പാത്രമായവർക്ക് ഇത്ര അടുത്തുള്ളതും ഇത്ര ലളിതമായിട്ടുള്ളതും ഇത്ര സുലഭമായിട്ടുള്ളതും വേറെ ഒന്നുമില്ല എന്ന് തോന്നുന്നു ഇവിടെ അതാണ് ഭഗവാനാണ് കൃപയ്ക്ക് പാത്രമായവർക്ക് ഈ രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ ഭഗവത് കൃപയുടെ വൈഭവത്തിനെ പറയണതാണ് ആ കൃപയുണ്ടെങ്കിൽ എന്തും എളുപ്പമാണ് ഭഗവത് കൃപയുണ്ടെങ്കിൽ ഇങ്ങനെ സാധിക്കും ഞാൻ തന്നെ ചെയ്തു കൊടുക്കും അവർക്ക് ഉള്ളിലിരുന്ന് നിവാരണം ചെയ്ത് ആത്മാനുഭവത്തിനെ കൊടുക്കും എന്ന് പറയണം തുടർന്നുള്ള കുറെ ശ്ലോകങ്ങള് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ഈ വിഭൂതിയെ പറഞ്ഞത്താണ് ഇന്ന രൂപത്തിൽ ഞാനിരിക്കണു അതുകൊണ്ട് അതൊക്കെ വേഗം പോകാൻ കഴിയും ഈ രണ്ട് ശ്ലോകങ്ങൾ തന്നെ ഇനി കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ശ്ലോകങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ നമ്മൾ നാളെ രാവിലെയും നാളെ വൈകുന്നേരമായിട്ട് ചെയ്യാം ഹരേ രാമ ഹേ രാമ ഹരേ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ യമാത്മാവസി ത്വമോ നാച്യം മമകഞ്ചദസ്തിയേഷ്ടം കൂർമാത്മനം രമണമ